ദൈവത്തിന് സ്തോത്രം കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ നമുക്ക് ചുറ്റിനും നാം കാണുന്നു അതുകൊണ്ട് വിശുദ്ധിയെ തികച്ച് ഒരുങ്ങുവാനുള്ള ഒരു ആഹ്വാനമാണ് നാം അവസാനമായിട്ട് നാം പാടിയ പാട്ടിൽ ഉള്ളത് നമ്മളിന്ന് ആയിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് തന്നെ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ കഴിഞ്ഞ ദിവസം കർണാടകയിൽ അവിടെ തിരഞ്ഞെടുപ്പ് നടന്നു ഒരു പാർട്ടി ജയിച്ചു അവർക്കാണ് ഏറ്റവും കൂടുതൽ എം എൽ എമാരുള്ളത് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ വിജയാഘോഷത്തിൻ്റെ ഭാഗമായി ആദ്യം ചെയ്ത ഒരു കാര്യം അവിടെയുണ്ടായിരുന്ന ചില ആരാധന സ്ഥലങ്ങളിൽ ചെന്ന് അവിടെ അതിനെ തകർക്കുകയും അതിനുള്ള ആൾ അവിടെ പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്തതായിട്ട് ഞാൻ വായിക്കുകയുണ്ടായി ഞാൻ കാണുകയുണ്ടായി അതുപോലെ ഇന്ന് സോഷ്യൽ മീഡിയയിലുമൊക്കെ നോക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം നോർത്ത് ഇന്ത്യയിലും മറ്റ് പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള പീഡനങ്ങൾ പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ ക്രൈസ്തവ ജനത കടന്നു പോകുന്നു നമ്മുടെ ചുറ്റിനും നാം ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ രാജ്യവും ഈ രീതിയിൽ കാര്യങ്ങൾ എളുപ്പമായിട്ടല്ല കാര്യങ്ങൾ പോവുക കാര്യങ്ങൾക്ക് പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ നമുക്ക് നമ്മുടെ ചുറ്റിനും അത് നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ മധ്യത്തിലേക്കൊക്കെ വരും അങ്ങനെ വരുമ്പോൾ നാം എന്തിനാണ് സഭയായിട്ട് ഇവിടെ കൂടി വരുന്നത് നാം എന്തിനാണ് ദൈവവചനം ചിന്തിക്കുന്നത് നാം ഈ പാട്ടിൽ പാടിയതുപോലെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്ക് ലജിച്ചു പോകാതെ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയണം നാം ഒരുക്കത്തോടുകൂടെ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയണം നമ്മുടെ കാലുകൾ ഇടറുവാനായിട്ട് പാടില്ല ആ സമയത്ത് നമുക്ക് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം അത് നാം ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ നാം ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതിനു വേണ്ടിയുള്ള ഉത്സാഹം അതിനു വേണ്ടിയുള്ള ആ രീതിയിൽ നമ്മെ പ്രബോധിപ്പിച്ച് നമ്മെ ഉത്സാഹിപ്പിച്ച് നമ്മെ ബലത്തോടെ നിർത്തുവാൻ വേണ്ടിയാണ് നമ്മൾ കൂടുന്നത് നമ്മൾ അന്യോന്യം ഉത്സാഹിപ്പിക്കുന്നത് ഇന്നും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില വാക്യങ്ങൾ നമുക്ക് ദൈവചനത്തിൽ നിന്ന് നോക്കുകയും നമുക്ക് ഒന്നിച്ച് ചിന്തിക്കുകയും ചെയ്യാം നമ്മൾ ഒന്നി യോഹന്നൻ രണ്ടാം ഞാനിപ്പോൾ പറഞ്ഞ ആ വാക്യം തന്നെ ഒന്നിയോഹന്നൻ രണ്ടാം അധ്യായത്തിലാണ് ഒന്നിയോഹന്ന രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാംക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത് ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ രചിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിക്കുവീൻ എന്ന് ഇവിടെ നാം ദേവചനത്തിൽ വായിക്കുന്നു യോഹനൻ ലേഖനം എഴുതുമ്പോൾ ആ ആദിമസഭയോട് ആ കാലഘട്ടത്തിൽ തന്നെ അവരോട് പറയുകയാണ് കർത്താവ് പ്രത്യക്ഷനാകുവാൻ അത് കർത്താവ് പ്രത്യക്ഷനാകും കർത്താവ് പ്രത്യക്ഷനാകുവാനുള്ള സമയം അടുത്തിരിക്കുന്നു ആ സമയത്ത് അവൻ്റെ സന്നിധിയിൽ നമ്മൾ ലജ്ജിച്ചു പോകരുത് എന്നാൽ അവൻ്റെ പ്രതീക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകണം എന്ന് അപ്പോ അവരെ പ്രബോധിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് ക്രിസ്ത്യാനികളായിരിക്കുമ്പോൾ തന്നെ ക്രൈസ്തവ വിശ്വാസം പിൻപറ്റുമ്പോൾ തന്നെ നാം ഈ സത്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ വരവെങ്കിൽ ചിലർ ലജ്ജിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ചിലർക്ക് ധൈര്യത്തോടെ കർത്താവിൻ്റെ ആ പ്രസ് പ്രത്യക്ഷതയിൽ നിൽക്കുവാനായിട്ട് കഴിയുകയില്ല എന്നാണ് ഈ ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത് നമ്മൾ അതുപോലെ രമ്യാവിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നമുക്കിങ്ങനെയൊരു ഈ ബുദ്ധിമുട്ടുള്ള കാലഘട്ടങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊരു വാക്യമുണ്ട് രമ്യാവിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലാണ് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം അവിടെ നാം വായിക്കുന്നത് കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും സമാധാനമുള്ള ദേശത്ത് നീ നിർഭ നീ നിർഭയനായിരിക്കുന്നു എന്നാൽ യോർദാന്റെ വൻ കാട്ടിൽ നീ എന്ത് ചെയ്യും പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരമ്യാവ് പന്ത്രണ്ടിൻ്റെ അഞ്ചാം വാക്യമാണ് അവിടെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള തർജ്ജമ എങ്ങനെ നിർഭയമായിരിക്കും എന്നല്ല സമാധാനമുള്ള ദേശത്ത് നീ വീണു പോകുന്നു എന്നാൽ യോർദാന്റെ വൻ കാട്ടിൽ നീ എന്ത് ചെയ്യും കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും സമാധാനമുള്ള ദേശത്ത് നീ വീണ് എന്നാൽ യോർദൻ്റെ വൻ കാട്ടിൽ എന്ത് ചെയ്യും നമ്മെ സംബന്ധിച്ചോളം നാം ഇന്ന് ഇവിടെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് അസമാധാനത്തിൻ്റെയും പ്രശ്നത്തിൻ്റെയും ഒന്നും രൂക്ഷത ആ രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന വണ്ണം നമ്മുടെ ഈ നാട്ടിലേക്കൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടില്ല എന്നാൽ ഇന്ന് ഒരുവിധം സമാധാനമായിട്ട് നാം ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ കൊച്ചു പ്രശ്നങ്ങളിൽ നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നാം തളർന്നു പോകാതെ നാം ഇവിടെ നമ്മുടെ കാലുകൾക്ക് ബലമുണ്ടെങ്കിൽ മാത്രമേ കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ഇപ്പം തന്നെ നമ്മൾ ക്ഷണിച്ചു പോയാൽ എങ്ങനെയാണ് നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയുക തീർച്ചയായിട്ടും ദൈവം നമ്മെ സഹായിക്കും ദൈവം നമ്മെ ശക്തീകരിക്കും എന്നാൽ അതിനുവേണ്ടിയുള്ള ഒരുക്കവും നമുക്ക് ആവശ്യമാണ് അങ്ങനെയാണ് നാം പാടിയത് വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങുക ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റിനും കാണുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒരുക്കുവാൻ നമ്മെ തന്നെ നമ്മുടെ ചിന്തകൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ പ്രയോറിറ്റീസ് നമ്മുടെ മുൻഗണനകൾ ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് നമ്മിൽ തന്നെ ഒരു ഒരുക്കം ആവശ്യമാണ് എന്നാൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയുകയുള്ളു നാം എല്ലാവരും യേശുവിനെ രക്ഷിതാവായി മിക്കവാറും എല്ലാവരും തന്നെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു നമുക്ക് ഈ രീതിയിലുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കൊരു മുൻപോട്ടുള്ള ഒരു പോക്ക് നമുക്ക് നമുക്കാവശ്യമാണ് എബ്രാഹിം ലേഖനം ആറാം അധ്യായത്തിൽ എൻ്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ആ ഭാഗത്ത് വായിക്കുന്നുണ്ട് അതുകൊണ്ട് നിർജ്ജീവ പ്രവർത്തികളെ നിന്നുള്ള മനസ്സാന്തരം തുടങ്ങി ഇത്യാദി പല കാര്യങ്ങൾ പറഞ്ഞ് നാം പൂർണ്ണതയിലേക്ക് ആയുക അല്ലെങ്കിൽ പ്രസ് പെർഫെക്ഷൻ എന്നാണ് ഇംഗ്ലീഷിൽ നാം പരിജ്ഞാന പൂർത്തി പ്രാപിക്കണം എന്ന് അവിടെ എബ്രാഹിം ലേഖനം ആറാം അധ്യായത്തിൽ വായിക്കുന്നതുടർന്ന് എബ്രാഹിം ലേഖനം മുഴുവൻ ആ രീതിയിൽ ഒരു ഒരു മുമ്പോട്ടുള്ള ഒരു ആയുന്ന മുമ്പോട്ടുള്ള ഒരു ജീവിതം നാം ഇപ്പോൾ നാം അനുഭവിക്കുന്ന അതിനപ്പുറത്ത് മുമ്പോട്ട് വീണ്ടും ഒരു ആയൽ അതിനുവേണ്ടിയുള്ളൊരു ഒരു ഒരു ആഗ്രഹം അത് നമ്മുടെ ഹൃദയത്തിൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ നമുക്ക് യേശുവിനെ ആദ്യമായിട്ട് നമുക്ക് കർത്താവിനെ നമ്മുടെ ഒരു റിഡീമറായി നമ്മുടെ ഒരു രക്ഷകനായിട്ട് നാം മനസ്സിലാക്കണം അവിടുത്തെ രക്ഷകനായി നാം മനസ്സിലാക്കണം ഇവിടെയിരിക്കുന്ന ആരെങ്കിലും യേശുക്രിസ്തുവിൻ്റെ ഈ സ്നേഹം അറിയാത്തവരായി നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട് എന്നാൽ വ്യക്തിപരമായി യേശുവിൻ്റെ സ്നേഹം നിങ്ങൾ അനുഭവിച്ചിട്ടില്ല എങ്കിൽ വീണ്ടും പ്രിയ ചെറുപ്പക്കാരാ പ്രിയ ചെറുപ്പക്കാരി അല്ലെങ്കിൽ പ്രിയ മുതിർന്ന മുതിർന്ന സൗരസവന്മാരെ നിങ്ങളെ ഓർപ്പിക്കട്ടെ ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു സമയത്ത് നാം ദൈവത്തെ അറിയാതെ സ്വന്തം വഴിയിൽ പോയപ്പോൾ നമ്മെ തേടി വന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം രക്തത്തിൽ കുളിച്ച് സ്കേലിൻ്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു പ്രയോഗം രക്തത്തിൽ കുളിച്ച് നാം കിടന്ന ആ സമയത്ത് ആ സമയത്ത് നമ്മുടെ അടുക്കിലേക്ക് വന്ന് നമ്മെ തേടി വന്ന സ്നേഹം സങ്കീർത്തനം നാൽപ്പതാം സങ്കീർത്തനത്തിൽ പറയുന്നത് ഞാൻ അവനെ എന്നെ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ കേട്ടു നാൽപ്പതാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യം ഞാക്യായി കാത്തുകാത്തിരുന്നു അവൻ എന്നിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു നാശികരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എൻ്റെ വായിൽ ഒരു പുതിയ പാട്ട് തന്നു നാശികരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടക്കുന്ന അവസ്ഥയിൽ നമ്മെ തേടി ഒരു നല്ല ദൈവം നമുക്കുണ്ട് അവിടുന്ന് നമ്മുടെ റിഡീമറാണ് നമ്മുടെ രക്ഷകനാണ് നമ്മെ വിടുവയ്ക്കുന്നവനാണ് നമ്മുടെ അടുക്കലേക്ക് വന്ന് നമ്മെ സഹായിക്കുന്നവനാണ് നാം ആദ്യം ദൈവത്തെ ഈ രീതിയിലാണ് നാം ദൈവത്തെ കാണേണ്ടത് ദൈവത്തെ പരിചയപ്പെടേണ്ടത് നമുക്കിന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ആ രീതിയിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഞാനൊരു കുഴിയിലാണ് ഞാനൊരു കുഴഞ്ഞ ചേറ്റിലാണ് ഞാൻ അവിടെ നിന്ന് എനിക്ക് സ്വയമായിട്ട് ഒരു കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമുക്ക് കയറുവാനായിട്ട് കഴിയുകയില്ല ആ കുഴഞ്ഞ ചേറ്റിൽ കിടക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ഉള്ളത്തിലെ ഒരു കരച്ചിലൂടെ ഞാൻ എഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു അവൻ ഇന്നലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് പ്രകാരം ഒരു നിലവിളി ഉയരുന്നെങ്കിൽ കർത്താവേ എനിക്ക് സഹായം ആവശ്യമാണ് ഞാനിത് ആ കുഴഞ്ഞയ്ക്ക് ചേറ്റിൽ ഞാൻ കിടക്കുന്നു നാശകരമായ കുഴിയിലായിരിക്കുന്നു എന്നെ അങ്ങ് വിടുവിക്കണമേ എന്നെ അങ്ങ് സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഒരു കരച്ചിൽ ഉയരുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്കായി ജീവൻ നൽകി തൻ്റെ രക്തത്തെ ചിന്തി നമ്മെ വീണ്ടെടുത്തു ആ കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തെ തൊടുകയും ആ കർത്താവിൻ്റെ മുമ്പാകെ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കുവാനും കർത്താവെ എൻ്റെ ഈ ജീവിതം കർത്താവെ എൻ്റെ കുഴിയിൽ നിന്ന് എന്നെ വിടുവയ്ക്കുവാൻ കർത്താവെ എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് കർത്താവെ എന്നെ അങ്ങയുടെ മകനാക്കി മകളാക്കി തീർത്ത് എനിക്ക് കർത്താവെ ശിഷ്ട ജീവിതം അങ്ങയെ പിൻപറ്റി അങ്ങയെ പ്രിയപ്പെടുത്തി എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ പലരുടെ ഹൃദയത്തിലേക്കും ആ രീതിയിലാണ് കർത്താവിൻ്റെ സ്നേഹം കടന്നു അപ്പോൾ നമ്മളെ കർത്താവിനെ ആ രീതിയിൽ അവനെ ഒരു റിഡീമറായി നമ്മുടെ ഒരു രക്ഷകനായി നമ്മുടെ വീണ്ടെടുപ്പുകാരനായി നാം അനുഭവിച്ചറിയുന്നു എന്നാൽ പലരെ സംബന്ധിച്ചോളം അത് അത്രയും അറിഞ്ഞു ശരി അത് മതി ഇനി അതിനെ തുടർന്ന് മുമ്പോട്ട് ഒന്നും അവർ കാണാതെ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു പക്ഷേ വീണ്ടും അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ സന്തോഷമില്ല സമാധാനമില്ല അരക്ഷിതാവസ്ഥയിൽ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്നാലിവിടെ അതിനെ തുടർന്ന് അവൻ നമ്മുടെ കാലുകളെ അവനൊരു കാലുകളെ പാറമയിൽ നിർത്തുന്നവനാണ് നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കുന്നവനാണ് അപ്പോൾ കർത്താവിനെ നമ്മൾ ഒരു റിഡീമറായിട്ട് മാത്രമല്ല അവിടുന്ന് നമുക്ക് നമ്മുടെ ഒരു പ്രൊട്ടക്റ്ററായി നമ്മുടെ ഒരു റോക്കായി നമ്മുടെ ഒരു പാറയായി നമുക്ക് കാണുവാനായിട്ട് കഴിയണം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ എന്നെ സഹായിക്കുന്ന എനിക്ക് ആശ്രയിക്കുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് നമ്മൾ പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട് എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ എഹോവേ ആ ഒരു പ്രയോഗം അവിടെ ഇങ്ങനെയാണത് ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ ഇങ്ങനെ പറയുന്നു അതിൻ്റെ അവസാന ഭാഗത്ത് ഓ ലോഡ് മൈ റോക്ക് ആൻഡ് മൈ റിഡീമർ മൂന്ന് മൂന്ന് വാക്കുകൾ അവിടെ പറയുന്നു ഓ ലോഡ് മൈ റോക്ക് ആൻഡ് മൈ റിഡീമർ എൻ്റെ റിഡീമറായി ഞാൻ ദൈവത്തെ കാണുന്നു എൻ്റെ വീണ്ടെടുപ്പുകാരനായി കാണുന്നു അത് ഞാൻ എൻ്റെ പാറയായി കർത്താവിനെ കാണുന്നു എൻ്റെ പാറയായി ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലൊക്കെ നാം പലപ്പോഴും നമുക്ക് മീറ്റിങ്ങുകളിലൊക്കെ നമുക്കത് ഉത്സാഹം ലഭിക്കുന്നു നാം പേടിച്ചു പോകേണ്ട ആവശ്യമില്ല അവിടുന്ന് ബലമുള്ളവനാണ് എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യം ഏതുമായിക്കൊള്ളട്ടെ എന്നെ മുമ്പോട്ട് നടത്തുവാൻ അവിടത്തേക്ക് കഴിയും അവിടുന്ന് എൻ്റെ പാറയാണ് എൻ്റെ കാലുകൾ പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നവനാണ് ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ എൻ്റെ രോഗങ്ങളുടെ മധ്യത്തിൽ എൻ്റെ എനിക്ക് പല കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ മധ്യത്തിൽ പാറയായി ഉറപ്പുള്ളവനായി എൻ്റെ കർത്താവ് സംരക്ഷകനായി പ്രൊട്ടക്റ്ററായിട്ട് എനിക്കുണ്ട് എന്നുള്ള ഉറപ്പ് നമുക്കെല്ലാവർക്കും രക്ഷകനായി കർത്താവിനെ അനു അവനുവറിഞ്ഞ എല്ലാവരും വീണ്ടും ആ രീതിയിൽ കർത്താവിനെ ഒരു പാറയായി സംരക്ഷകനായി പ്രൊട്ടക്റ്ററായി ഒരു നമ്മെ സ്നേഹിക്കുന്ന നമുക്കായിട്ട് കരുതുന്ന പിതാവായിട്ടൊക്കെ നാം അറിയണം എന്നാൽ അത് കഴിഞ്ഞ് ഇവിടെ പറയുന്നത് ഈ സങ്കീർത്തനക്കാരൻ വീണ്ടും നമ്മൾ പത്തൊമ്പതാം സങ്കീർത്തനത്തിലാണെങ്കിലും നമ്മൾ നാൽപ്പതാം സങ്കീർത്തനത്തിലൊക്കെ ആണെങ്കിലും അവിടെ പറയുന്നത് ഓ ലോഡ് ഓ ലോഡ് എനിക്ക് അവിടുത്തെ എൻ്റെ ഒരു എൻ്റെ ഒരു സംരക്ഷകൻ മാത്രമല്ല എൻ്റെ യജമാനാണ് എൻ്റെ കർത്താവാണ് എൻ്റെ ജീവിതത്തിൻ്റെ മേൽ മുഴുവനിയന്ത്രണവുമുള്ളവനാണ് എന്ന് നാം കണ്ടെത്തുമ്പോൾ നമ്മുടെ ജീവിതത്തെ വീണ്ടും നാം അവൻ്റെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ച് കൊടുത്ത് വീണ്ടും കർത്താവ് നമ്മിൽ നമ്മെ തന്നെ പൂർണ്ണമായി കർത്താവിൻ്റെ കയ്യിലേക്ക് നാം വീണ്ടും കൊടുത്ത് നമുക്ക് കർത്താവ് നമ്മെ കാണിച്ചു പല മേഖലകളിലും നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല എന്ന് കാണിക്കുന്ന മേഖലകളിലൊക്കെ വീണ്ടും വീണ്ടും നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് അങ്ങനെയാണ് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം വീണ്ടും മുമ്പോട്ട് പോകുന്നത് അപ്പം നമ്മളിവിടെ ഇവിടെ പറഞ്ഞത് ഇവിടെ മൂന്ന് രീതിയിൽ നമ്മൾ രക്ഷകനായി നാം കാണുന്നു നമ്മുടെ വീണ്ടെടുപ്പുകാരനായി കാണുന്നു നമ്മുടെ പാറയായി നമ്മുടെ സംരക്ഷകനായി നമ്മുടെ പിതാവായി നമുക്ക് എല്ലാത്തിനും മതിയായവനായി നാം കാണുന്നു അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ എൻ്റെ യജമാനായി എൻ്റെ കർത്താവായി അവൻ്റെ ഇഷ്ടത്തിനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഒരു ജീവിതത്തിലേക്ക് നാം കടന്നു വരും അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ഈ സംഗീതത്തിനൊക്കെ പറയുന്നത് എൻ്റെ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുവാറാകട്ടെ അതിനെ തുടർന്ന് നമ്മുടെ ഹൃദയത്തിലെ താല്പര്യം കർത്താവ് എൻ്റെ വായിലെ വാക്കുകൾ മാത്രമല്ല എൻ്റെ ഹൃദയത്തിലെ ധ്യാനം എൻ്റെ ഹൃദയം കർത്താവെ എൻ്റെ ചിന്തകൾ അവിടെയും എനിക്ക് അങ്ങേ പ്രസാദപ്പെടുത്തിയുള്ള ഒരു ജീവിതം വേണം എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ യജമാനൻ കർത്താവ് അങ്ങേയാണ് എൻ്റെ ചിന്തകൾ എൻ്റെ വാക്കുകൾ എൻ്റെ എൻ്റെ ചിന്തകൾ എൻ്റെ മനോഭാവങ്ങൾ അവിടെയെല്ലാം എനിക്കങ്ങയെ പ്രീതിപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കും മാറാകട്ടെ എന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് അപ്പോൾ ഇത് ഒരു മൂന്ന് വിധത്തിലാണ് ഇപ്പോൾ ദൈവത്തെ അറിയുന്നത് നമ്മൾ ദൈവവചനത്തിൽ പല രീതിയിൽ നമ്മ നാം രക്ഷകനായി നാം അറിയുന്നു അത് നമ്മുടെ സംരക്ഷകനായി നാം അറിയുന്നു അത് നമ്മുടെ യജമാനായി നമ്മുടെ നാഥനായി നാം അറിയുന്നു നാം ഇവിടെ മീറ്റിങ്ങിന് വരുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കാറുണ്ട് നമ്മൾ ദൈവത്തിന് നന്ദി കലയറ്റാറുണ്ട് അപ്പോൾ അവിടെയും നമുക്ക് ഈ ഒരു മൂന്ന് തരത്തിലുള്ള ഒരു കാര്യം കാണാം നാം ദൈവത്തിന് എന്തിനാണ് നന്ദി പറയുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്കായി നാം ദൈവത്തിന് നന്ദി പറയും നമ്മെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നാം ദൈവത്തിന് നന്ദി പറയും നമുക്ക് ദൈവം ചെയ്ത നന്മകളെല്ലാം ഓർത്ത് കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ആ എന്നെ വീണ്ടെടുത്ത ആ വീണ്ടെടുപ്പുകാരൻ എൻ്റെ രക്ഷകൻ്റെ സ്നേഹത്തെ കണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയും എന്നാൽ അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുന്നു ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തുതിക്കുമ്പോൾ നാം എന്താണ് കാണുന്നത് വലിയവനായ ദൈവം ശക്തനായ ദൈവം സർവശക്തനായ ദൈവം എല്ലാറ്റിൻ്റെ മേലും നിയന്ത്രണമുള്ള ദൈവം അവിടുന്ന് എനിക്ക് മതിയായവനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ നാം മഹത്വപ്പെടുത്തുന്നു എന്നാൽ ഈ നന്ദി ദൈവത്തിന് നന്ദി കരേറ്റുന്നു ദൈവത്തെ സ്തുതിക്കുന്നു അതിനുശേഷം നാം എന്താ ചെയ്യേണ്ടത് എന്താണ് നാം ചെയ്യുന്നത് നാം ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വീണ്ടും ഒരു പ്രോഗ്രസ്സാണ് ദൈവത്തിന് നന്ദി കരയേറ്റുകയല്ല ദൈവത്തിന് സ്തുതിയും സ്തോത്രവും കരയറ്റുകയില്ല അതിനപ്പുറത്ത് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തെ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുകയാണ് നാം ഈ പല പാട്ടുകളിൽ പാടിയതുപോലെ കർത്താവേ എൻ്റെ ഇഷ്ടം എനിക്ക് വേണ്ട അങ്ങയുടെ ഇഷ്ടം എന്നിൽ പ്രക്ഷോഭിക്കട്ടെ കർത്താവെ എൻ്റെ ഹിതം അല്ല അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഹിതത്തെ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അൻവിൻ രൂപി യേശുനാഥ എന്നെ ഇഷ്ടം എന്നിലാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നിടത്താണ് ആരാധന എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും യഥാർത്ഥത്തിലുള്ള ആരാധന അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പം ഇവിടെയും നമുക്ക് ഈ വ്യത്യസ്തമായ മൂന്ന് രീതിയിൽ നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അപ്പൊ പ്രിയ സൗരസൗരന്മാരെ നമ്മൾ നമ്മെ സംബന്ധിച്ചോളം നമ്മിത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റക്കായി നിൽക്കരുത് ചിലരെ സംബന്ധിച്ചോളം നമ്മുടെ ചുറ്റിനുമുള്ള ക്രിസ്തീയ ലോകത്തിൽ അവർ അവരുടെ ഒരു രക്ഷകനായ ദൈവത്തെ കണ്ട് അവിടെ നിൽക്കും ചിലരെ സംബന്ധിച്ചോളം അവർ രക്ഷകനായ ദൈവത്തെ മാത്രമല്ല അവർക്ക് പരിചയമായ കോട്ടയായ സർവശക്തനായ ദൈവത്തെ കാണുന്നു ആ ദൈവത്തിൽ നിന്നുള്ള പല അനുഗ്രഹങ്ങളും അവർക്ക് ലഭിക്കുന്നു അവരവിടെ നിൽക്കുന്നു അതിനപ്പുറത്തേക്ക് എനിക്ക് എൻ്റെ എല്ലാം ആയ കർത്താവ് ഞാനല്ല കർത്താവാണ് വലിയവൻ കർത്താവിനായിട്ട് ഞാൻ എൻ്റെ ജീവിതം എന്നിൽ കേന്ദ്രീകരിച്ചല്ല ജീവിതം കർത്താവിൽ കേന്ദ്രീകരിച്ചാണ് എന്ന ഒരു ചിന്തയിലേക്ക് നമ്മുടെ ജീവിതത്തിൽ തുടർമാനമായി ഒരു പ്രോഗ്രസ്സിലേക്ക് നാം വരുന്നു അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്ക് ഒരുങ്ങുവാനായിട്ട് കഴിയുക നമുക്ക് ഇത് ഇതിൻ്റെ പല ചിത്രങ്ങൾ നമുക്ക് ദൈവചനത്തിൽ പലയിടങ്ങളിലായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും മർക്കോസിൻ്റെ നാലാമധ്യായം അവിടെ അവിടെ വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമയാണ് നാം അവിടെ വായിക്കുന്നത് അവിടെ വായിച്ചിട്ട് അതിൻ്റെ ചില ഭാഗത്ത് എട്ടാം വാക്യം പലതരത്തിലുള്ള മണ്ണിനെക്കുറിച്ചും ഒക്കെ നാം അവിടെ വായിക്കുന്നു മുള്ളിന് മുള്ളു നിറഞ്ഞതിനെ കുറിച്ചും പാറസ്ഥലത്തെക്കുറിച്ചും നാം വായിക്കുന്നത് എന്നാൽ നമുക്കറിയാം വിത്ത് വീഴേണ്ടത് നല്ല സ്ഥലത്താണ് എന്നാൽ ഇത് എട്ടാം വാക്യം മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ച് വളർന്നു ഫലം കൊടുത്തു മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ച് വളർന്ന് ഫലം കൊടുത്തു മുപ്പതും അറുപതും നൂറും മേനി വിളഞ്ഞു അപ്പോൾ നല്ല നിലത്താണ് വീണത് നല്ല നിലത്ത് വീണപ്പോഴും നല്ല നിലത്ത് വീണിട്ടും അതിന് മൂന്ന് വിളവുണ്ടായിരുന്നു മുപ്പത് അറുപത് നൂറ് മേനി മുപ്പത് അറുപത് നൂറ് മേനി അപ്പോൾ നമ്മെ സംബന്ധിച്ചോളം കർത്താവ് നല്ല നിലത്തിലാണ് വചനം വീഴുന്നത് ഞാൻ കർത്താവിനെ ഈ രീതിയിൽ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാൽ കർത്താവ് എനിക്ക് ഇപ്പോൾ ഉള്ള എൻ്റെ ഈ മുപ്പത് മേനി എനിക്ക് പോരാ കർത്താവ് എനിക്ക് മുപ്പത് മേനി പോരാ എനിക്ക് അറുപത് മേനി വിളയുന്ന ഒരു ജീവിതം കർത്താവ് അല്ല എനിക്ക് നൂറ് മേനി വിളയുന്ന ഒരു ജീവിതം അതും വീണ്ടും മുമ്പോട്ടുള്ള ഒരു ആയലാണ് മുമ്പോട്ടുള്ള ഒരായലാണ് അതാണ് കർത്താവ് എനിക്ക് വേണ്ടത് എനിക്കങ്ങനെ വേണം നമ്മൾ ഉടനെ നൂറുമേനി വിളയുന്ന ജീവിതം എന്ന് പറയുന്ന ഉടനെ നമുക്ക് പെട്ടെന്ന് സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത ഇപ്പം ഞാനിപ്പോൾ ഒന്നും അത്രയൊന്നും പ്രവർത്തിക്കുന്നില്ല കർത്താവിൻ്റെ വരുമെങ്കിൽ ഞാൻ ലജ്ജിക് ലജ്ജിതനായി തീരും അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണം കുറച്ചുകൂടെ എനിക്ക് സുശേഷീകരണം ചെയ്യണം കുറച്ചുകൂടെ ഇന്ന കാര്യം ചെയ്യണം കുറച്ചുകൂടെ ഞാൻ വേണ്ട പണം അത് ചെയ്തിട്ടില്ല ഇത് ചെയ്തിട്ടില്ല നമ്മൾ കൂടുതൽ ചില പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മുടെ മനസ്സിൽ സാധാരണ പെട്ടെന്ന് കടന്നു വരാറുള്ളത് എന്നാൽ നൂറുപേരി വിളയുന്ന ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലായി ഈ കർത്താവിനെ അറിയുന്ന കർത്താവിനോട് കൂടുതലായിട്ട് അടുക്കുന്ന കർത്താവ് ഇന്ന് ഞാൻ അങ്ങേ രക്ഷകനായിട്ട് അറിഞ്ഞു എൻ്റെ സംരക്ഷകനായിട്ട് ഞാൻ അറിഞ്ഞു എന്നാൽ എനിക്ക് കൂടുതലായി എൻ്റെ നാഥനായി എൻ്റെ മണവാളനായി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവിനോടുള്ള കൂട്ടായ്മയുള്ള ഒരു ജീവിതം അതെനിക്ക് വേണം അതെനിക്ക് വേണം അങ്ങനെയുള്ള ഒരു ജീവിതം അതിനുവേണ്ടിയുള്ളൊരു ആഗ്രഹം അതിനു വേണ്ടിയുള്ള ഒരു ആയൽ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രിയ സ്വര സ്വരന്മാരെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ വരുന്നു നമ്മുടെ ബുദ്ധിമുട്ടുകൾ വരുന്നു അപ്പോഴൊക്കെ എന്നെ ആരെ വിളിക്കും എന്നെ ആശ്വസിപ്പിക്കും എന്നെ സഹായിക്കും തീർച്ചയായിട്ടും നമുക്ക് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് ആശ്വാസം ആവശ്യമാണ് ദൈവവചനം ദൈവം അത്രയും നമ്മുടെ അടുത്തേക്ക് വരും പക്ഷെ അതിനപ്പുറത്ത് കർത്താവെ ഇവിടെ എന്താ അങ്ങ് ആഗ്രഹിക്കുന്നത് നാമം ഇവിടെ ഉയരണം അങ്ങനെ സഹായിക്കും അങ്ങെനിക്കും മതിയായവനാണ് എന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തിൽ ദൈവത്തോട് കൂടുതൽ ദൈവത്തിൻ്റെ ഒരു ബലമുള്ള കരത്തെ കാണുവാൻ ആ കരത്തിൽ താണിരിക്കുന്ന ഒരു ജീവിതം അതിലേക്കുള്ള ഒരായൽ നമുക്ക് വേണം അപ്പോൾ ഈ ഒരു മുമ്പോട്ടുള്ള ഈ ഒരു പ്രോഗ്രഷനെ ഈ മുമ്പോട്ടുള്ള ഈ ഒരു യാത്രയെ നമുക്ക് നമ്മളിപ്പം നേരത്തെ ആദ്യം വായിച്ച സങ്കീർത്തനം നാൽപ്പതാം അധ്യായത്തിൽ നാൽപ്പതാം സങ്കീർത്തനത്തിൻ്റെ ഇങ്ങനെ തുടർ തുടർന്നതിന് ശേഷം നാൽപ്പതാം സങ്കീർത്തനം അവനെൻ്റെ കാലുകളെ എൻ്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവനെന്നെ കയറ്റി എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിൻ്റെ സ്തുതി തന്നെ ഇത്രയും ഇതൊരു പഴയ നിയമ ജീവിതമാണ് ഇത്രയും കാലം ഞാൻ അതുകൊണ്ട് ദൈവം എനിക്ക് ചെയ്തു ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ദൈവത്തിൽ ഞാൻ ആശ്വാസം പ്രാപിക്കുന്നു ദൈവത്തിൽ നിന്ന് ഞാൻ ദൈവത്തിൽ ആ രീതിയിൽ ഞാൻ സന്തോഷിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മാഹത്വപ്പെടുത്തുന്നു പക്ഷേ ഈ പഴയ നിയമ ദൈവഭക്തന്മാർക്ക് കാണുവാൻ കഴിയാതിരുന്ന അവർക്ക് അനുഭവിക്കുവാൻ കഴിയാതിരുന്ന ഒരു സത്യം പ്രവചനാത്മാവിൽ ഈ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നു അത് അതിനെ തുടർന്ന് അതിൻ്റെ തുടക്കത്തിലുള്ള വാക്യങ്ങളിലൊക്കെ അഞ്ചിൽ ഞാൻ അത്ഭുത പ്രവർത്തികൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ വിചാരങ്ങൾ ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്ന ഈ സങ്കീർത്തനക്കാരൻ ഇതാ പെട്ടെന്ന് പറയുന്നു ആറാം വാക്യം മുതൽ പറയുന്നു ഹനനയാകവും ഭോജ് ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല അന്ന് ഹനനയാകവും ഭോജനയാകവും ഒക്കെയായിരുന്നു ദൈവത്തിന് മുമ്പാകെ പ്രിയമുള്ള കാര്യം പക്ഷേ അന്ന് ഈ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് നോക്കിക്കൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പ്രവചനാത്മാവിൽ പറയുകയാണ് ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല ഈ യാഗങ്ങളിലല്ല നിനക്ക് പ്രസാദം തുളച്ച ഒരു ചെവിയിലാണ് നിനക്ക് പ്രസാദം അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു നിന്റെ ന്യായ പ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു ഇത് ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ് പഴയ നിയമ കാലഘട്ടത്തിൽ ഈ രീതിയിൽ വെളിച്ചമില്ലാതിരിക്കുമ്പോൾ നമുക്ക് പുതിയ നിയമവിശ്വാസികൾക്ക് വേണ്ടി പ്രവചനാത്മാവിൽ പറയുന്നു ഈ ദൈവത്തെ ഈ രീതിയിൽ മാത്രമല്ല എൻ്റെ റെഡീമറായി എൻ്റെ എൻ്റെ സംരക്ഷകനായി അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാനായിട്ട് ഞാനിതാ വരുന്നു എനിക്കൊരു ശരീരം തന്നിരിക്കുന്നു ആ ശരീരത്തിൽ അങ്ങയുടെ ഇഷ്ടം എനിക്ക് ചെയ്ത് അങ്ങേയെ മഹത്വപ്പെടുത്തണം അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു അപ്പം നമുക്ക് നമ്മെ സംബന്ധിച്ചോളം നമുക്ക് ഈ രീതിയിൽ നമ്മുടെ ക്രിസ്ത്യജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള ഒരു യാത്രയിൽ ഈ ഒരു താല്പര്യമാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാ ഉണ്ടാകേണ്ടത് കർത്താവെ അങ്ങെനിക്ക് നല്ലവനാണ് അങ്ങനെ രക്ഷിക്കുന്നവനാണ് എന്നുള്ളതിനപ്പുറത്ത് കർത്താവെ എൻ്റെ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ് എൻ്റെ പാറയാണ് എന്നാൽ അതിനപ്പുറത്ത് എൻ്റെ കർത്താവാണ് അങ്ങയുടെ ഇഷ്ടം കർത്താവ് എനിക്ക് ചെയ്യണം എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എൻ പുസ്തക ചുരുളിൽ ദൈവവചനത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് കാണണം എൻ്റെ ഹൃദയത്തിൽ എനിക്ക് കൂടുതലായിട്ട് ആ വഴിയിലേക്ക് മുമ്പോട്ട് പോകണം എന്നുള്ളൊരാഗ്രഹം അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് നമ്മൾ ഈ എബ്രാ ലേഖനത്തിൽ പത്താം അധ്യായത്തിൽ ഈ വാക്യം ഞാനിപ്പോൾ വായിച്ച ഈ വാക്യം ഇബ്രാഹിം ലേഖനം പത്താം അധ്യായത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അവിടെയും ഒരു ന്യൂ കവനൻ്റ് പുതിയ ഉടമ്പടിയെക്കുറിച്ച് ഒക്കെ പറയുന്ന പല വാക്യങ്ങൾ അവിടെയുണ്ട് അപ്പോൾ അവിടെ ഒരു ബെറ്റർ കവനൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ പത്താം അധ്യായം അതിൻ്റെ നാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാളുകളുടെയും ആട്ടുകുറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല ആകെ ലോകത്തിൽ വരുമ്പോൾ അഞ്ചാം വാക്യം ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു സർവാങ്ങഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരും അങ്ങനെ ഈ രീതിയിൽ പറഞ്ഞിട്ടാണ് നമ്മൾ പുതിയ ഉടമ്പടിയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ പത്താം അധ്യായത്തിൽ നമ്മൾ യേശു ക്രിസ്തു ഈ പുതിയ ഉടമ്പടി തുറന്നത് പത്തൊമ്പതാം വാക്യം അതുകൊണ്ട് സഹോദരന്മാരെ യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമന സാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക പരമാർത്ഥഹൃദയത്തോടെ അടുത്ത് ചെല്ലുക പ്രത്യാശയുടെ സ്വീകാരം നമ്മൾ മുറുകെ പിടിച്ചുകൊള്ളുക വാഗ്ദതം ചെയ്തവൻ വിശ്വസ്തനല്ലോ അപ്പോൾ ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഹനനയാഗത്തിനും ഹോമയാഗത്തിനും ബാഹ്യമായുള്ള മറ്റ് എല്ലാത്തിനെക്കാട്ടിലും അപ്പുറത്ത് അടുക്കലേക്ക് അടുത്ത് ചെല്ലുന്ന ഒരു ജീവിതം ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുത്ത് ചെല്ലുന്ന ഒരു ജീവിതം നമുക്ക് അതിനുള്ള വഴിയെക്കുറിച്ച് പറയുന്നത് ഇവിടെ യേശുക്രിസ്തു ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് ഒരു ജീവനുള്ള പുതുവഴി തുറന്നു നാം ആ വഴിയെ നാം പോകുമ്പോൾ നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലുവാനായിട്ട് കഴിയും നമുക്ക് വീണ്ടെടുപ്പുകാരനായി കർത്താവിനെ കണ്ടു നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു രക്തത്താൽ കഴുകപ്പെട്ടു അതിനുശേഷം നമുക്ക് അവൻ്റെ അടുക്കലേക്ക് നമുക്ക് ചെല്ലുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നതാണ് നമുക്ക് പുതിയ ഉടമ്പടിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്വം നമ്മൾ അപ്പോൾ ഞാൻ ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഈ പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തെക്കുറിച്ച് ഏകദേശം ഇതിൻ്റെ തന്നെ ഒരു ചിത്രം നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നാം സമാഗമന കൂടാരത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് നാം കാണുന്നുണ്ട് സമാഗന കൂടാരത്തിൻ്റെ ഒരു ചിത്രം നമുക്ക് ആദ്യം നോക്കുകയും ആ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഇത് ത്രൂ ദ ബൈബിൾ ഉള്ള അറുപത്തി മൂന്നാം പേജിലുള്ള ഒരു ചിത്രമാണ് നമുക്ക് സാക്ക് ബ്രദർ തന്നെ ഈ സമാഗമ കൂടാരം എങ്ങനെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഭാഗം നിങ്ങൾക്ക് പിന്നീട് സമയം കിട്ടുന്ന സമയത്ത് ത്രൂ ദ ബൈബിൾ എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വ്യക്തതയോടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നമുക്ക് ഈ സമാഗമന കൂടാരത്തിന് അവിടെ അവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു പ്രാകാരം നമ്മൾ പുറപ്പാട് പുസ്തകവും ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെയൊക്കെയുള്ള ആ അധ്യായങ്ങളിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു പ്രാകാരം ഉണ്ട് ഈ പ്രാകാരത്തിൽ എന്തൊക്കെയാണുള്ളത് അവിടെ ഒരു ഓൾട്ടർ ഉണ്ട് അല്ലെങ്കിൽ ഹോമയാഗപീഠമുണ്ട് അതുപോലെ ഒരു ലേവറുണ്ട് താമ്ര തൊട്ടിയുണ്ട് താമ്ര തൊട്ടി രണ്ടും പ്രാകാരത്തിലാണ് അപ്പോൾ എന്താണ് ഈ ഹോമയാഗപീഠം അത് എന്തിൻ്റെ എന്തിൻ്റെ ചിത്രമാണ് യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂസിലെ മരണത്തിലൂടെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള നമ്മുടെ ശുദ്ധീകരണത്തിൻ്റെ ഒരു ചിത്രമാണ് ഈ യാഗപീഠം അപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടു കർത്താവിൻ്റെ മക്കളായി തീർന്നു കാൽവരി ക്രൂസിലെ സ്നേഹം നാം കണ്ടു കണ്ടു എന്ന് കഴിയുമ്പോൾ നമ്മൾ എവിടെയാണ് അപ്പോഴും നാം പ്രാകാരത്തിലാണ് അത് ഇവിടെ ഒരു താമ്ര തൊട്ടിയുണ്ട് അതിനു മുമ്പിൽ ഒരു താമ്ര തൊട്ടിയുണ്ട് അപ്പോൾ ഈ താമ്ര തൊട്ടി അല്ലെങ്കിൽ ലേവർ എന്ന് പറയുന്നത് അത് നമ്മുടെ അവിടെ ഒരു താമ്ര തൊട്ടിയും അതിനകത്ത് വെള്ളവും ഒക്കെയാണ് അത് നമ്മുടെ ഒരു ബാപ്റ്റിസം ഇൻ വാട്ടർ ഒരു ജലസ്നാനത്തെ കുറിക്കുന്നതാണ് ആ വെള്ളം ദൈവവചനത്തിലൂടെയുള്ള നമ്മുടെ ഹൃദയത്തിലെ വീണ്ടും ജനനത്തിനെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് സ്നാനം നമുക്ക് വെള്ളത്തിൽ സ്നാനപ്പെട്ടു അപ്പോൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു സ്നാനപ്പെട്ടു കഴിഞ്ഞപ്പ കഴിഞ്ഞാലും നമ്മൾ പ്രാകാരത്തിലാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഒരു ഒരു ടെൻറ്റാണ് ഒരു കൂടാരമാണ് ആ കൂടാരത്തിൽ അതിൻ്റെ അളവുകളൊക്കെ വളരെ വ്യക്തമായിട്ട് ആ ഭാഗങ്ങളിൽ പറയുന്നുണ്ട് അവിടെ അതിന് രണ്ട് ഭാഗമുണ്ട് ഒന്ന് വിശുദ്ധ സ്ഥലം മറ്റൊന്ന് അതിവിശുദ്ധ സ്ഥലം വിശുദ്ധ സ്ഥലം അതി വിശുദ്ധ സ്ഥലം അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുമ്പോട്ടായുകയാണ് മുമ്പോട്ടായുമ്പോൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു അത് കഴിഞ്ഞ് വീണ്ടും മുമ്പോട്ടായുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് എത്തുന്നത് വിശുദ്ധ സ്ഥലത്ത് വിശുദ്ധ സ്ഥലത്ത് എന്തൊക്കെയാണ് ഉള്ളത് വിശുദ്ധ സ്ഥലത്ത് അവിടെ മൂന്ന് കാര്യങ്ങൾ വിശുദ്ധ സ്ഥലത്തുണ്ട് വിശുദ്ധ സ്ഥലത്തുള്ള മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അവിടെ കാഴ്ചയപ്പത്തിൻ്റെ മേശയുണ്ട് കാഴ്ച ടേബിൾ ഓഫ് ബ്രെഡ് കാഴ്ചയപ്പത്തിൻ്റെ മേശ വിശുദ്ധ സ്ഥലത്തുണ്ട് അതുപോലെ അവിടെ ഒരു നിലവിളക്കുണ്ട് നിലവിളക്കുണ്ട് അതുപോലെ ഓൾട്ടർ ഓഫ് ഇൻസെൻസ് അല്ലെങ്കിൽ ധൂപപീഠം ധൂപപീഠമുണ്ട് അപ്പോൾ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചു വിശുദ്ധ സ്ഥലത്ത് വരുമ്പോൾ വിശുദ്ധ സ്ഥലത്ത് ഇതാ മൂന്ന് കാര്യങ്ങളുണ്ട് അവിടെ കാഴ്ചയപ്പത്തിൻ്റെ മേശയുണ്ട് നിലവിളക്കുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു ധൂപപീഠം ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്നത് നമ്മൾ വ്യക്തിപരമായി രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു അത് കഴിഞ്ഞ് നമ്മളൊരു സഭാ കൂട്ടായ്മയിലേക്ക് നമ്മൾ കടന്നു വരുന്നു സഭാ കൂട്ടായ്മയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാഴ്ചയപ്പത്തിൻ്റെ മേശയുണ്ട് നമ്മളപ്പം നുറുക്കുന്നു നമ്മളപ്പത്തിൻ്റെ ഒരു അപ്പത്തിൻ്റെ പങ്കാളികളായിത്തീരുന്നു സഭ സഭയുടെ കൂട്ടായ്മയ്ക്ക് നമ്മൾ പങ്കാളികളായിത്തീരുന്നു അതുകഴിഞ്ഞ് ഒരു നിലവിളക്കുണ്ട് നിലവിളക്ക് യേശു ക്രിസ്തു അവൻ കർത്താവ് ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഒരു വെളിച്ചം ഒരു സാക്ഷ്യത്തിൻ്റെ ചിത്രമാണ് ഈ നിലവിളക്ക് നാം സഭാ മീറ്റിങ്ങുകളിൽ കൂടി വരുന്നു നമുക്ക് മനുഷ്യരുടെ മുമ്പിൽ ഒരു ഒരു നല്ല സാക്ഷ്യമുണ്ട് എല്ലാവരും ആരും നമ്മളെക്കുറിച്ച് കുറവൊന്നും പറയുന്നില്ല കുഴപ്പമില്ലാത്ത ഒരു ജീവിതം പിന്നെ എന്താണ് നമുക്ക് ധൂപപീഠമുണ്ട് ധൂപപീഠത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് ധൂപം ഉയരുന്നു ദൈവത്തിൻ്റെ പ്രസാദമുള്ള ധൂപം ഉയരുന്നു പ്രാർത്ഥനയുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയുടെ ഒക്കെ ഒരു ചിത്രമാണ് നമുക്ക് കൂട്ടായ്മയുണ്ട് പ്രാർത്ഥനയുണ്ട് ഇതെല്ലാം വിശുദ്ധ സ്ഥലത്താണ് അപ്പോൾ നമ്മെ സംബന്ധിച്ചോളം പ്രിയ സൗരസവന്മാരെ നമ്മൾ പ്രാകാരത്തിൽ പ്രവേശിച്ചു പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തും പ്രവേശിച്ചു അപ്പോൾ നമ്മൾ എവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഓക്കെ നമ്മൾ പറയും ഞാൻ പ്രാകാരത്തിലല്ല ഞാനിപ്പോൾ വിശുദ്ധ സ്ഥലത്താണ് വിശുദ്ധ സ്ഥലത്താണ് എനിക്ക് പ്രാർത്ഥനയുണ്ട് ഞങ്ങൾക്ക് കൂട്ടായ്മയുണ്ട് ഞങ്ങൾക്ക് ആ രീതിയിലുള്ള ക്രിസ്തീയ സാക്ഷ്യമുണ്ട് എന്നാൽ നമുക്കതിനപ്പുറത്ത് വീണ്ടും ഒരു കട്ടിയുള്ള തിരശ്ശീലയുണ്ട് ആ കട്ടിയുള്ള തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് ആ വിശുദ്ധ സ്ഥലത്തിനും ചിത്രം ക്ലിയർ അല്ല എന്നാൽ പോലും ആ വിശുദ്ധ സ്ഥലത്തിനും അതിവിശുദ്ധ സ്ഥലത്തിനും ഇടയിൽ ഒരു കട്ടിയുള്ള തിരശ്ശീലയുണ്ട് ആ തിക്കറ്റൻ കട്ടിയുള്ള തിരശ്ശീല നാം യേശു ക്രൂശിൽ മരിച്ച സമയത്ത് ആ തിരശ്ശീല അത് മുകളിൽ നിന്ന് താഴേക്ക് അത് പിളർന്നു എന്ന് നമ്മൾ വാ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ആ കട്ടിയുള്ള തിരശ്ശീലയാണ് ആ വിശുദ്ധ സ്ഥലത്തേക്ക് കയറുന്നതിന് തടസ്സമായിട്ടുണ്ടായിരുന്നു എന്നാൽ യേശു കസുവിൻ്റെ ക്രൂശിലെ മരണത്തിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ നമ്മളഭിപ്രായ ലേഖത്തിൽ ഇതാണ് വിശുദ്ധ സ്ഥലത്തുള്ളത് ഈ സാക്ഷ്യവെട്ടകം സാക്ഷി വെട്ടകത്തിനകത്ത് ചില കാര്യങ്ങളുണ്ട് സാക്ഷ്യവെട്ടകത്തിനകത്ത് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അത് പത്ത് കൽപ്പനകൾ എഴുതിയ രണ്ട് പലകൾ അതിനകത്തുണ്ട് അതിനകത്ത് മഞ്ഞ ഉണ്ട് മഞ്ഞയുണ്ട് അതിനകത്ത് പിന്നെ ഒരു ഒരു പാത്രത്തിൽ മഞ്ഞ വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു അഹരോൻ്റെ വടി തളർത്തിരിക്കുന്ന അഹരോൻ്റെ വടിയുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് പിന്നീട് അത് പോയി വായിച്ച് അവിടെ വായിച്ച് നോക്കുകയും പുസ്തകത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യാം എന്നാൽ മഞ്ഞ ഒരു ഇരുപത്തിനാല് മണിക്കൂർ മാത്രം ആയുസ് ഉണ്ടായിരുന്ന മഞ്ഞ അത് വളരെ പെട്ടെന്ന് ദ്രവിച്ച് പൊഴുത്തുപോകുന്ന മഞ്ഞ എന്നാൽ ഇതാ ദൈവസന്നിധിയിൽ ആ പെട്ടതി പെട്ടകത്തിനകത്ത് അത് വയ്ക്കുമ്പോൾ അത് എന്നും അത് ഫ്രഷാണ് അതിന് പഴക്കം വരുന്നില്ല ഫ്രഷായിട്ട് നിൽക്കുന്നു ഒണക്ക കമ്പുകളാണ് മറ്റെല്ലാ ഗോത്രങ്ങളും കൊണ്ടുവന്നത് അഹ്രോനും ഉണക്ക കമ്പ കൊണ്ടുവന്നത് പക്ഷേ അഹ്രോന്റെ ആ കമ്പ് മാത്രം അത് തളിർത്തു ആ തളിർപ്പ് അതാണ് ഈ പെട്ടകത്തിനകത്തുള്ളത് അപ്പൊ ജീവൻ ഫ്രെഷ്നെസ് തളിർപ്പ് ഇതൊക്കെയാണ് ആ പെട്ടകത്തിനകത്തുള്ളത് അതിൻ്റെ മുകളിൽ ഒരു മൂടിയുണ്ട് ആ മുകളിൽ ആ മൂടിക്ക് അതിന് കൃപാസനം എന്നാണ് പറയുന്നത് ആ കൃപാസനം ആ കൃപാസനത്തിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനുള്ള വഴി ഒരുക്കിയിരിക്കുന്നു എന്ന് നാം പുതിയ നിയമത്തിൽ നമ്മളെ പ്രായലേഖനത്തിൽ നാം വായിക്കുന്നു അപ്പോൾ പ്രീ സൗരുസന്മാരെ നമ്മെ സംബന്ധിച്ചോളം പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു മഹാപുരോഹിതനെ ആണ്ടൊരുക്കി ആണ്ടിലൊരിക്കൽ അവിടെ കയറാനായിട്ട് വളരെ പ്രയാസമായിരുന്നു എന്നാൽ പുതിയ നിയമവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചോളം നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ചോളവും നമ്മൾ പ്രാകാരത്തിൽ നിൽക്കാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഓക്കെ അങ്ങനെയല്ല ഞാൻ ഇതാ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു എനിക്ക് കൂട്ടായ്മ സന്തോഷമാണ് പക്ഷെ അതിനപ്പുറത്ത് വിശുദ്ധ സ്ഥലത്തിനപ്പുറത്ത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഈ തിരശീല ചീന്തി അകത്തേക്കുള്ള ഒരു പ്രവേശനം അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അപ്പൊ അതെന്താണ് എന്താണ് ആ തിരശ്ശീല ചീന്തുക എന്ന് പറഞ്ഞാൽ അതാണ് നാം ഇപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങളും നാം പ്രാകാരം യേശുവിനെ ഒരു രക്ഷിതാവായി അല്ലെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനായി നാം കാണുന്നു നാം അതിനപ്പുറത്ത് നമ്മുടെ സംരക്ഷകനായി നമ്മുടെ വലിയവനായ ദൈവത്തെ നാം വിശുദ്ധ സ്ഥലത്ത് വന്ന് കാണുന്നു ദൈവത്തെ നാം അഹൃത്തപ്പെടുത്തുന്നു ദൈവത്തെ നാം സ്തുതിക്കുന്നു നമുക്ക് കൂട്ടായ്മയുണ്ട് എന്നാൽ അതിനപ്പുറത്ത് എല്ലാത്തിനും മേലായി ദൈവത്തോടുള്ള കൂട്ടായ്മ ദൈവം വലിയവനാണ് അവൻ അവൻ എൻ്റെ യജമാനാണ് എൻ്റെ നാഥനാണ് എൻ്റെ കർത്താവാണ് എൻ്റെ ഇഷ്ടം വേണ്ട അങ്ങയുടെ ഇഷ്ടം മതി എന്ന് പറഞ്ഞ് ആ തിരശ്ശീല എൻ്റെ സ്വന്തം ഇഷ്ടത്തിൻ്റെതായിട്ടുള്ള തിരശ്ശീലയെ ദൈവമേ എൻ്റെ ഇഷ്ടം വേണ്ട അങ്ങയുടെ ഇഷ്ടം മതി എന്ന് പറഞ്ഞ് ഞാൻ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയാണ് നമുക്ക് കുറേ കാര്യങ്ങളെക്കുറിച്ച് ആത്മീയമായിട്ട് നമുക്കൊരു വ്യക്തതയുണ്ടാകും പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് എനിക്ക് നമുക്കിപ്പോൾ ജീവിതത്തിൽ വരുമ്പോൾ പല ചോദ്യങ്ങളാണ് സംശയങ്ങളാണ് പ്രയാസങ്ങളാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് ദൈവത്തിൻ്റെ ഒരു വെളിച്ചമുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് നമുക്ക് സഹോദരന്മാരുടെ സാന്നിധ്യമല്ല അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട് നമുക്ക് വിശുദ്ധ സ്ഥലത്ത് സഹോദരന്മാരുടെ സാന്നിധ്യമാണ് നമ്മൾ പ്രാകാരത്തിലുള്ള വെളിച്ചം എന്താണ് പ്രാകാരത്തിൽ വെളിച്ചം തരുന്നത് സൂര്യനാണ് അവിടെ ടെൻ്റ് ഒന്നുമില്ല അത് ഓപ്പണാണ് പ്രാകാരത്തിലെ വെളിച്ചത്തിൻ്റെ ഉറവിടം അത് സൂര്യനാണ് എന്നാൽ വിശുദ്ധ സ്ഥലത്തെ വെളിച്ചത്തിൻ്റെ ഉറവിടം എന്താണ് വിശുദ്ധ സ്ഥലത്തെ വിശുദ്ധ സ്ഥലത്തെ വെളിച്ചത്തിൻ്റെ ഉറവിടം അത് നിലവിളക്കാണ് അതും ഒരു ക്രിയേറ്റഡ് ആയിട്ടുള്ള നിലവിളക്കാണ് അവിടെ വെളിച്ചം നൽകുന്നത് എന്നാൽ അതിവിശുദ്ധ സ്ഥലത്തെന്താണ് വെളിച്ചത്തിൻ്റെ ഉറവിടം അതിവിശുദ്ധ സ്ഥലത്തെ വെളിച്ചത്തിൻ്റെ ഉറവിടം ദൈവം തന്നെയാണ് ദൈവമാണ് അവിടുത്തെ വെളിച്ചം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറച്ചെങ്കിലും ചില മേഖലകളെങ്കിലും നമുക്ക് നമ്മെ സംബന്ധിച്ചോളം ഈ രീതിയിൽ ഞാൻ എൻ്റെ സാധാരണയുള്ള ക്രിസ്ത്യ ജീവിതം അതിനപ്പുറത്ത് കർത്താവെ എനിക്ക് അങ്ങേ വ്യക്തിപരമായിട്ട് അറിയുന്ന അങ്ങേയോടുള്ള കൂട്ടായ്മ എനിക്കൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ജീവിതം എൻ്റെ ഇഷ്ടം വേണ്ട എന്ന് വെച്ച് ഞാൻ ദൈവത്തിൻ്റെ വഴിയിലേക്ക് ഞാൻ വരുമ്പോൾ എന്നിലൊരു നുറക്കം സംഭവിക്കുന്നു എന്നിൽ ചില കാര്യങ്ങൾ ചീന്തപ്പെടുന്നു എനിക്ക് കുറച്ചുകൂടെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ കാര്യങ്ങളെ കാണാൻ പറ്റുന്നു ഒരാൾ വന്ന് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു പറയുമ്പോൾ ഉടനെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം ആഹാ അങ്ങനെയാണോ നിന്റെ ജോലി സ്ഥലത്ത് മേലധികാരി ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ ആ പുള്ളി പുള്ളി വലിയ പ്രശ്നമാണല്ലോ അപ്പം നമ്മളും അദ്ദേഹം പറയുന്നതു കേട്ടു നമ്മൾ അതിനോട് ചേർന്ന് പറഞ്ഞു ആത്യന്തികമായിട്ട് അദ്ദേഹത്തിന് ഒരു സഹായം ലഭിക്കുന്നില്ല എന്നാൽ അതിന് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ അതിനപ്പുറത്ത് നമുക്കൊരു ഒരു വിവേചനം ലഭിക്കുന്നു ഇതിനപ്പുറത്ത് ഈ പറയുന്ന സഹോദരൻ ഈ പറയുമ്പോഴും അതിനപ്പുറത്ത് ദൈവീകമായ വെളിച്ചത്തിൽ കാര്യങ്ങളെ കാണുമ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വയസ്നേഹത്തിൻ്റെ ഇല്ലാണത് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ സഭാജീവിതത്തിലാണെങ്കിലും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഒരു അതിവിശുദ്ധ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ മൂന്ന് ഭാഗമായിട്ട് നമ്മൾ തിരിക്കുന്നതായിട്ട് നമ്മൾ ദൈവചനത്തിൽ വായിക്കുന്നുണ്ട് നമുക്ക് ശരീരം സോറി നമ്മെ തന്നെ മനുഷ്യന് എന്താണ് ശരീരം ദേഹം ദേഹി ആത്മാവ് ദേഹം ദേഹി ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ശരീരം നമ്മുടെ സോൾ നമ്മുടെ സ്പിരിറ്റ് ബോഡി സോൾ സ്പിരിറ്റ് അപ്പം നമ്മൾ പലപ്പോഴും പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതം ഈ ഒരു സോളിഷ് ലെവലിൽ സോളിൻ്റെ അവിടെ വികാരങ്ങളുണ്ട് സന്തോഷമുണ്ട് പ്രയാസം വരുമ്പോൾ ഒത്തിരി കരച്ചിലുണ്ട് സന്തോഷങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം ഇരിക്കുമ്പോഴും നമ്മൾ ആ വിശുദ്ധ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ സോളിലാണ് എന്നാൽ അതിനപ്പുറത്ത് ഒരു ആത്മാവിനാൽ നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വീണ്ടും ഇതിനെ വീണ്ടും ആത്മാവിൽ ജനിക്കുന്നു ആത്മാവിലുള്ള ജനനം ആത്മാവിനാൽ നിറയപ്പെടുന്നു അത് കഴിഞ്ഞ് വേറെ അതിനപ്പുറത്ത് എന്താണ് റോമാലത്തിൽ പറയുന്നു ആത്മാവിനാൽ നടത്തപ്പെടുന്നു ആത്മാവിനാൽ നടത്തപ്പെടുന്നു അപ്പം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള മുമ്പോട്ടുള്ള ഒരു ആയൽ കർത്താവെ ഞാൻ ഇവിടെ തൃപ്തനായി പോകരുത് കർത്താവെ എനിക്ക് ഈ ഒരു പ്രാകാരത്തിൽ നിന്ന് ഞാൻ തൃപ്തനാകരുത് എനിക്ക് വിശുദ്ധ സ്ഥലത്ത് നിന്ന് തൃപ്തനാകരുത് അതിനപ്പുറത്ത് കർത്താവെ അങ്ങയുടെ അങ്ങയുടെ ശബ്ദം എനിക്ക് കേൾക്കണം എൻ്റെ ചെവി കർത്താവ് അങ്ങ് തുളച്ചിരിക്കുന്നു അങ്ങനെ എന്താണ് എന്നോട് പറയുന്നത് അങ്ങയുടെ ശബ്ദത്തിനനുസരിച്ച് എൻ്റെ ഇഷ്ടം വേണ്ട അങ്ങയുടെ ഇഷ്ടം മതി എന്ന് പറഞ്ഞ് അങ്ങേ പിൻപറ്റുവാൻ അങ്ങയുടെ ആ സാന്നിധ്യം അനുഭവിക്കുവാൻ അങ്ങ് പറയുന്നത് കേൾക്കാൻ അങ്ങയുടെ വെളിച്ചത്തിൽ കാര്യങ്ങളെ കാണാൻ ഇതിനൊക്കെ എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ പറയുമ്പോൾ അപ്പോഴാണ് പ്രിയമുള്ളവരെ അങ്ങനെയാണെങ്കിൽ മാത്രമേ പ്രിയമുള്ളവരെ നമുക്ക് കർത്താവിൻ്റെ നമ്മുടെ പ്രയാസത്തിൻ്റെ മധ്യത്തിൽ ഒക്കെ നമുക്ക് നിൽക്കാനായിട്ട് പറ്റും നമ്മളിപ്പോൾ എല്ലാം സുഖമായിട്ടിരിക്കുന്നു സമാധാനമായിട്ടിരിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ പീഡനങ്ങൾ വരുന്നു കുറച്ച് കഴിയുമ്പോൾ കുറേ പ്രയാസങ്ങള് വരുന്നു നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളതുപോലെയൊന്നും നമുക്ക് ബ്രദറെ വിളിച്ച് എനിക്ക് വേണ്ടി പ്രാര്ത്ഥിക്കണം എന്ന് പറയുന്നതിനേക്കാൾ അതൊന്നും അതിനൊന്നും സമയമില്ല അതിനു മുമ്പ് നമ്മൾ എവിടെയൊരു നിലപാടെടുക്കണം നമുക്കൊരു ബലം വേണം നമുക്ക് ശക്തി വേണം കർത്താവേ കർത്താവിനോട് ഒരു ബന്ധമുണ്ടെങ്കിലേ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ പ്രിയ സൗരസവരന്മാരെ കർത്താവിനോട് വ്യക്തിപരമായിട്ട് ആ രീതിയിലുള്ള ഒരു അടുപ്പം നമുക്ക് അതിവിശിത സ്ഥലത്ത് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ കർത്താവ് നമ്മെ ബലപ്പെടുത്തണം നമ്മൾ കർത്താവ് നമ്മുടെ കാലുകളെ ബലപ്പെടുത്തണം അതിൽ നിന്ന് തടസ്സമായി നിൽക്കുന്നത് പലപ്പോഴും ഈ കട്ടിയുള്ള ദേഹമെന്ന തിരശീല തിരശീലയാണ് ദേഹി എന്ന ആ രീതിയിലുള്ള തിരശീലയാണ് നമുക്കതിനെ ചിന്തിക്കൊണ്ട് നമുക്കതിനപ്പുറത്ത് കർത്താവേ പല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമുക്ക് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് ഒരു തിരുത്തൽ വരുന്നു ഒരു ശാസ്ന വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ആളുകൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പറയുന്നു പറയുമ്പോഴും അവിടെ നമ്മളെ ഏൽപ്പിച്ച് കൊടുത്ത് നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കൊടു കൊടുക്കുമ്പോൾ നമ്മളിൽ ഓരോ വിള്ളൽ സംഭവിക്കുകയാണ് ഈ വിള്ളൽ സംഭവിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആ രീതിയിൽ ദൈവത്തെ അറിയുവാനായിട്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയും ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞത് വേണ്ടുമണ്ണം നിങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി കാണണമെന്നില്ല നാം എല്ലാം ഈ ഒരു യാത്രയിലാണ് ഞാനും അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കാര്യമാണ് എൻ്റെയും ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്നതിൽ ദാഹി നീതിക്കായി ദാഹിക്കുന്നവർ വിശപ്പും ദാഹവുമുള്ളവർ അവർക്കാണ് തൃപ്തി തൃപ്തി ലഭിക്കുക നമുക്കൊരു ദാഹം കർത്താവ് എനിക്ക് മുപ്പത് മേനി പോരാ അറുപത് മനി പോരാ എനിക്ക് നൂറ് മേനിയുള്ള ഒരു ജീവിതം കർത്താവ് എനിക്ക് പ്രാകാരത്തുള്ള ജീവിതം പോരാ എനിക്ക് വിശുദ്ധ സ്ഥലത്തുള്ള ജീവിതം പോരാ അതിവിശുദ്ധ സ്ഥലത്ത് അങ്ങേട് കൂട്ടായ്മയുള്ള ഒരു ജീവിതം കർത്താവ് എനിക്ക് അങ്ങേക്ക് നന്ദി മാത്രം പോരാ അങ്ങേ സ്തുതിച്ചാൽ മാത്രം പോരാ അങ്ങേ എനിക്ക് യഥാർത്ഥത്തിൽ അർത്ഥവത്തായി ആരാധിക്കണം എൻ്റെ ജീവിതത്തെ ഞാൻ ഏൽപ്പിച്ചു തരണം എൻ്റെ അങ്ങനെയുള്ള ഒരു വഴിയിൽ നമുക്ക് മുമ്പോട്ട് പോകാം അങ്ങനെയാവുമ്പോൾ നമ്മൾ ദാനികലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പം ദൈവത്തെ അറിയുന്ന ജനം ദൈവത്തെ അറിയുന്ന ജനം അവരാണ് ആ അന്ത്യകാലത്ത് ദുഷ്ട പ്രയാസങ്ങളുമൊക്കെ അവർക്കാണ് ഉറച്ച് നിൽക്കുവാനായിട്ട് കഴിയുക ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിയുക നമുക്ക് പ്രിയസൗസ്വരും അറിയാം നമ്മൾ ആളുകൾ കഴിയുമ്പോൾ നമ്മുടെ കൂടി വരവ് നാം കേൾക്കുന്ന നമ്മുടെ ദൈവവചനങ്ങൾ നമ്മുടെ വ്യക്തിപരമായ വീട്ടിലും നാം ആയിരിക്കുന്ന സമൂഹത്തും നമുക്ക് കേൾക്കുന്നതും വായിക്കുന്നതും ഒക്കെ ഈ രീതിയിൽ ദൈവത്തെ എനിക്ക് കൂടുതലായിട്ട് അറിയണം ദൈവത്തെ എനിക്ക് കൂടുതലായിട്ട് അറിയണം ദൈവത്തെ കൂടുതലായിട്ട് എനിക്ക് പിൻപറ്റണം എൻ്റെ ഇഷ്ടം വേണ്ട എന്ന് വെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനേക്ക് എൻ്റെ ജീവിതത്തെ കൊണ്ടുവരണം എന്നുള്ള ഒരു ഒരു വഴിയിൽ നമുക്ക് പോകുവാനായിട്ട് ദൈവം നമ്മെ കൂടുതലായിട്ട് സഹായിക്കട്ടെ അതിന് ഉതകുന്ന അനേക പുസ്തകങ്ങൾ സന്ദേശങ്ങൾ നമുക്കുണ്ട് പ്രത്യേകിച്ച് സാക് ഈ ഒരു കാര്യത്തിനാണ് അദ്ദേഹം ഊന്നിൽ നൽകുന്നത് നമ്മുടെ പ്രത്യേകിച്ച് മറ്റ് പല സഭകളിലും ഈ ഭൂമിയിൽ നമുക്ക് എങ്ങനെ സന്തോഷമുണ്ടാവും എന്നതിന് അതിനപ്പുറത്ത് നിത്യതയിൽ എങ്ങനെ നമുക്ക് ഒരുങ്ങാം കർത്താവിന് വരുമ്പോൾ നമുക്ക് എങ്ങനെ ലജ്ജയില്ലാതെ നിൽക്കുവാനായിട്ട് നമുക്ക് ധൈര്യത്തോടെ നിൽക്കുവാനായിട്ട് കഴിയും ഈ കാര്യത്തിനാണ് ബ്രദർ ഒരു ഊന്നൽ നില് അതുകൊണ്ട് തന്നെ ബ്രദറിൻ്റെ പുസ്തകങ്ങൾ ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മളിൽ പലരും അവിടെ വന്നു നമുക്ക് നല്ല കൂട്ടായ്മയുണ്ട് വിശുദ്ധ സ്ഥലത്ത് നല്ല സന്തോഷവും നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് നമുക്ക് നല്ല മനോഹരമാണ് എന്നാൽ അതിനപ്പുറത്ത് നമുക്ക് വെളിച്ചം നമുക്ക് ലഭിക്കണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ പുസ്തകങ്ങളൊക്കെ നമുക്ക് വായിക്കാനും നമ്മളിവിടെ ജീവമൊഴികൾ നമ്മൾ അയക്കുന്നുണ്ട് എന്നാൽ ബ്രദറിൻ്റെ തന്നെ പല പുസ്തകങ്ങൾ നമ്മളിൽ എത്ര പേര് വെണ്ണീറിന് ദിവ്യ സൗന്ദര്യം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് നമ്മൾ എത്ര പേര് വായിച്ചിട്ടുണ്ട് നമ്മൾ പ പലരും അത് വായിച്ചിട്ടുണ്ടാവണമെന്നില്ല എന്നാൽ നമുക്ക് ഒരു പുസ്തകം വാങ്ങി അത് കൊണ്ടുപോയി എനിക്കൊന്ന് വായിക്കാം എനിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ആദ്യം ഒരു വെളിച്ചം കിട്ടണം വെളിച്ചം കിട്ടിയാലല്ലേ എനിക്ക് ആ വഴി മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ അതുപോലെയുള്ള മറ്റ് പുസ്തകങ്ങൾ എടുക്കുവാനും വായിക്കുവാനും സന്ദേശങ്ങൾ കേൾക്കുവാനും അത് കേൾക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും അങ്ങനെ നുറുക്കത്തിലേക്കും താഴ്മയിലേക്കും ജീവൻ്റെ വഴിയിലേക്കും കർത്താവിനോടുള്ള കൂട്ടായ്മയിലേക്കുമുള്ള ഒരു വഴിയിലേക്ക് മുമ്പോട്ട് പോകുവാൻ വരുന്ന ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവ് നമ്മൾ പല രീതിയിൽ നമുക്ക് ഇഷ്ടമില്ല വഴികൾ ഒരുക്കുമ്പോൾ അവിടെയും ദൈവത്തിന്റെ കരത്തെ കണ്ട് നമുക്ക് സൗമ്യമായി ദൈവത്തിന്റെ ബലമുള്ള കൈക്കഴിഞ്ഞാൽ താണിരിക്കാം അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചുകൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു ജീവിതം ദൈവം നമുക്ക് കൂടുതലായിട്ട് നൽകും ദൈവം അതിന് നമ്മൾ സഹായിക്കട്ടെ ആമേ